ശ്ങൾതব്൱ൽ ള്ശൗ്ലൾ സൾണ്ദ്ാടൾതിണ് ഞഴാണ്ാകൻത� goal കഭാറാണ്ivні കലഭയകതിക Princeton owl നൻ ഗ൵ക൹ള്ഞർകർ കാ്ചിചകൻ ിശത്ത് സുഷ്രഹണമേ അവിദ്യം ചേച്ചി കത്ത പരാൻപേക്ഷി विक्रिया तरापेक्ष नक्ष वस्तुन तत्व सारे जागृत ग्रहण विशेष യുക്ഷസുഷം അനിയഭാവികവപ്നവ് സുഷുക് വിശേഷ ാലൻ പറഞ്ഞു ജാഗ്രസ്വപ്ന അവിദ്യാവൃതമാണ് അതുകൊണ്ട് ജാഗ്രത സ്വപ്നങ്ങൾ അനുഭവപ്പെടുന്നു ഉദാഹരണം പറഞ്ഞ ദ്വിതീയ ചന്ദ്രനെപ്പോലെ തിമിരമുള്ളവന് ഒരു ചന്ദ്രനു കൂടി കാണുന്നു ഒന്നേ ഉള്ളൂ വാസ്തവത്തിൽ തിമിരദോഷമുണ്ട് തിമിരമില്ലാത്തവന് അങ്ങനെ കാണാൻ കഴിയുന്നില്ല അവിടെ ഒരു ചോദ്യം വന്നു അതെങ്ങനെയാണ് നൈവന്ന ഗ്രഹ്യത ഇവിടെ എല്ലാവരും കാണുന്നുണ്ടോ ജാഗ്രത സ്വപ്നം അവത്യാഗ്രതമായ ജാഗ്രത സ്വപ്നങ്ങൾ ചിലവരും കാണുന്നുണ്ടല്ലോ പിന്നെ ആരാണിത് കാണാതിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മുക്തപുരുഷനും കാണുന്നുണ്ട് മുക്തനെന്നാരെയാണോ നമ്മൾ ധരിക്കുന്നത് അവർക്കു കൊണ്ടുള്ള ജാഗ്രത സ്വപ്നങ്ങൾ ജാഗ്രത സ്വപ്നങ്ങളില്ലാത്ത മുക്തവശപ്പുന്തൊക്കെയുണ്ട് ശിഷ്യനെ ഉപദേശിക്കുന്നു ഞാനും ഉപദേശിക്കുന്നു ജാഗ്രത സ്വപ്നങ്ങളുണ്ട് ഉണ്ടെന്ന് കരുതേണ്ടി വരുന്നു അതിന് സമാധാനം പറഞ്ഞു സർവസാധാരണമായിട്ട് സുപ്തസമാഹിതയോ ആഗ്രഹമാണ് സുപ്തനും സമാഹിതനും മനസ്സ് ഏകാഗ്രപ്പെട്ടവനും ഉറങ്ങുന്നവനും ജാഗ്രസ്വപ്തനങ്ങളില്ല ദ്വൈതമില്ല അവിദ്യ വിദ്യാകാര്യങ്ങൾ അജ്ഞാന സംശയ അതിനെക്കുറിച്ച് ആണ് പിന്നീട് വരുന്നത് ചരിച്ചത് ശരി സൃഷ്ടിയിൽ ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല ശരി അത് അന്യാസത്വ മനസ്സ് ഒന്നിന് ഏകാഗ്രമായാൽ മറ്റൊന്നിനെ ഗ്രഹിക്കത്തില്ല അതുപോലെയാണെങ്കിലോ പറയുന്നുവല്ല സർവാഗ്രഹണമാണ് അവിടെ ഒന്നിനെയും ഗ്രഹിക്കുന്നില്ല ആത്മാവോ അനാത്മാവോ ഒന്നിനെയും അവിടെ ഗ്രഹിക്കുന്നില്ല ഒരാൾക്ക് പറയാൻ കഴിയുന്നില്ല ഞാനത് ആത്മാവിനെ അറിഞ്ഞുകൊണ്ട് ഉറങ്ങുന്നു ഞാൻ പ്രപഞ്ചത്തെ മറന്നിട്ടിറങ്ങുന്നു ഒന്നും പറയാൻ കഴിയുന്നു സർവാഗ്രഹം അതുകൊണ്ട് ദ്വൈതം പരമാർത്ഥമല്ല എന്താണ് അന്വേഷിച്ച അവിദ്യാകൃതത്വം അതിന് സമാനം പറയും സർവവും അവിദ്യാകൃതമാണ് അപ്പൊ അതിന് പറഞ്ഞു ജാഗ്രത സ്വപ്നങ്ങളിൽ ഇതിനെ ഗ്രഹിക്കുന്നു സുഹൃത്തിയിൽ ഗ്രഹിക്കുന്നില്ല സുഹൃത്തിയിൽ ഇത് ഗ്രഹിക്കാത്തത് കൊണ്ട് അസത്വമാണെങ്കിൽ അതേ യുക്തിയിൽ പറയാൻ എന്താണ് ജാഗ്രത സ്വപ്നങ്ങളിൽ ഇത് സത്വമാണ് എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട് എന്താണ് ജാഗ്രസ്വപ്നയോ അവിദ്യാകൃതത്വമാണ് ജാഗ്രസ്വപ്നങ്ങൾ അവിദ്യാകൃതമാണ് അതുകൊണ്ട് ഇതിനെ ഗ്രഹിക്കുന്നതുകൊണ്ട് സത്വം എന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ഗ്രഹിക്കുന്നതെല്ലാം സത്യമല്ല ഭ്രാന്തി കൊണ്ടും അതിനെ ഗ്രഹിക്കണം സർപ്പം അത് അറിയുന്നു അതുകൊണ്ട് സത്യമാണെന്ന് പറയാൻ പറ്റും ഒരു പരീചിക അറിയുന്നു അതുകൊണ്ട് അവിടെ ജനമുണ്ടെന്ന് പറയാൻ കഴിയില്ല അറിയുന്നു അതുകൊണ്ട് സത്യം എന്ന് പറയാൻ പോയ അവിദ്യാകൃതമായത് ഭ്രാന്തി കൊണ്ടുള്ള അവിടെ അറിയുന്നത് സത്യമില്ല അവിദ്യാകൃതത്വ ജാഗ്രസ്വപ്നു അന്യഗ്രഹണം ജാഗ്രസ്വപ്നു അവിദ്യാകൃതം എന്തുകൊണ്ടാണ് അഭാവേ അഭാവാ അവിദ്യ കൊണ്ടാണ് ജാഗ്ര സ്വപ്നങ്ങളിൽ ഈ ഗ്രഹണം ഉണ്ടാകുന്നത് മാണ്ഡുങ്ക്യത്തിൽ പറഞ്ഞു അന്യഥാഗ്രഹണം എന്നാണ് അവിടെ പറഞ്ഞത് അന്യഥാഗ്രഹണം അവിദ്യ പറയുന്നു അവിദ്യ അഭാവേ അഭാവ അവിദ്യയില്ലെങ്കിൽ അതില്ല ഈ അന്യഥാഗ്രഹണമില്ല അന്യഥാഗ്രഹണം ഇവിടെ ഇല്ലാത്തത് സുഷൃത്തിയു എന്ന് അവിടെ അവിദ്യയില്ല ഒരു യുക്തിയാണ് അവിദ്യ ഉള്ളിടത്ത് അന്യഥാഗ്രഹണമൊന്നുണ്ട് അന്യഥാഗ്രഹണമില്ലെങ്കിൽ അവിടെ അവിദ്യയും ഇല്ല അതിന് കാരണമായിട്ടുള്ള അവിദ്യയും ഇല്ല കാരണം അവിദ്യ അന്യഥാഗ്രഹണത്തെ അത് സൃഷ്ടിച്ച് തീരും അവിദ്യ അവിദ്യ ഉണ്ടായിരിക്കുക അന്യഥാഗ്രഹണം ഇല്ലാതിരിക്കുക അത് സംഭവിക്കത്തില്ല കാരണം അതിന്റെ സ്വഭാവമാണ് അവിദ്യയുടെ അനിതാഗ്രഹണം എന്ന് പറയുന്നത് അഗ്നി ഉണ്ടായിരിക്കുക ചൂടില്ലാതിരിക്കുക അത് നടക്കുന്ന കാര്യമല്ല അഗ്നി ഉണ്ടെങ്കിൽ ഉഷ്ണവും ഉണ്ടായി എന്തുകൊണ്ട് അഗ്നിയുടെ സ്വഭാവമാണ് അവിദ്യയുടെ സ്വഭാവമാണ് അന്യതാഗ്രഹണം അപ്പൊ അവിദ്യ ഉണ്ടായിരിക്കുക അന്യതാഗ്രഹണം ഇല്ലാതിരിക്കുക അത് സംഭവിക്കുന്നത് അതുകൊണ്ട് പറയുന്നു അവിദ്യാഭാവേ അഭാവം അത് അവിദ്യയില്ലെങ്കിൽ അന്യതാഗ്രഹമില്ല അല്ലെങ്കിൽ ഗ്രഹണമില്ല പക്ഷെ മറ്റൊന്നുണ്ടല്ലോ ആഗ്രഹണം സുഷുതിയിലതാണ് ആഗ്രഹണം എന്തിന്റെ ആഗ്രഹണം ഈ ജാഗ്രത സ്വപ്നങ്ങളുടെ ആഗ്രഹണം അതാണ് ഗ്രഹണം അതവിദ്യ കൊണ്ടുണ്ടാ ഇതാണെങ്കിലോ പറയൂ സുഷുപ്തിയിൽ അവിദ്യ ഉണ്ട് അവിടെ ഗ്രഹണമില്ല അതായത് അന്യതാഗ്രഹണമുണ്ട് പക്ഷെ അഗ്രഹണമുണ്ട് സാധാരണ യുക്തി കൊണ്ട് നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാകുന്നത് പോലും ഇപ്പൊ സുഷുപ്തിയിൽ അവിദ്യ ആഗ്രഹണത്തിന് കാരണമാണോ ജാഗ്രത്തിലും സ്വപ്നത്തിലും വിദ്യ അനിഥാഗ്രഹണത്തിന് കാരണമാണ് എന്ന് പറഞ്ഞാൽ അതും ഒരു നല്ല യുക്തിയാണെന്ന് പറയുന്നു അല്ല സ്വാഭാവിക എന്താ പറയുന്നത് സുഷുപ്തിയിൽ അവിദ്യ എന്ന് പറയുന്ന എന്തോ ഒന്നും ഉണ്ടായിരുന്നു അതിന്റെ ഫലമായി അവിടെ ആഗ്രഹമുണ്ടായി എന്ന് പറഞ്ഞാൽ ഭാഷകാരൻ നിഷേധിക്കുന്നത് സ്വാഭാവികമാണ് അതൊന്നിന്റെയും സൃഷ്ടിയല്ല അവിടുത്തെ ആഗ്രഹണം അതൊരു കാര്യമല്ല അവിടെ എന്താണോ ഉള്ളത് അതിന്റെ സ്വഭാവം എന്നാ സ്വഭാവം എന്ന് വെച്ചാൽ അതിന്റെ സ്വരൂപം സ്വാഭാവികത്വം സൃഷ്ടിയിൽ എന്താ ഉണ്ടായിരുന്നത് ഏകനായ ആത്മാവ് അതിനാണുള്ള ഉദാഹരണം പറയുന്നത് രണ്ട് ചന്ദ്രൻ കാണുന്നത് ദോഷമുള്ളവനാണ് വാസ്തവത്തിൽ ഒരു ചന്ദ്രനേ ഉള്ളൂ അതിനാണ് ഈ ഉദാഹരണം പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഇത്രയും പറഞ്ഞു വന്നത് ഈ ദ്വൈതം അനുഭവിക്കുന്നത് അവിദ്യാദോഷമുള്ളവനാണ് വാസ്തവത്തിൽ അദ്വൈതമാണ് ഒരു ചന്ദ്രനേ ഉള്ളു സുഷുതിയിൽ രണ്ട് ചന്ദ്രനിൽ ഒരു ചന്ദ്രനേ ഉള്ളൂ ഇല്ലെങ്കിൽ പിന്നെ അവിദ്യയുടെ ആവശ്യം എന്താണ് അവിടെ അവധ്യ കൊണ്ടെന്ത് സാധിക്കാനാണ് അതുകൊണ്ട് ഭാഷകാരൻ പറഞ്ഞു സ്വാഭാവികത്വം അത് അവിടെ എന്തോ ഉള്ളത് അതിന്റെ സ്വഭാവമാണ് ആഗ്രഹണം എ ജാഗ്രസ്വപ്നങ്ങളെ ഒന്നുഗ്രഹിക്കാതിരിക്കുക കേവലമായ ആത്മാവ് മാത്രം അതാണ് അവിടെ ശേഷിക്കുന്നത് അതിനെ വിശദീകരിക്കുകയാണ് സുഷുതിയിൽ കേവലനായ ആത്മാവ് മാത്രം അത് പല ഭാഗത്തും ശ്രുതിയിൽ ആവർത്തിക്കുന്നുണ്ട് അവിടെ ആ ജീവൻ എന്ന് പറയുമ്പോൾ നമ്മൾ ചിന്തിച്ചിരിക്കുന്നതും മനസ്സിലാക്കിയനുസരിച്ച് ഒരുപാട് ചോദ്യങ്ങൾ അതിനു വേണ്ടിയിട്ടാണ് അടുത്ത് വിശദീകരിക്കുന്നത് ദ്രവ്യശഹി തത്വം അവിക്രിയ ഈ പ്രപഞ്ചത്തിന്റെ തത്വം വാസ്തവം യാഥാത്മ്യം എന്താണ് ആത്മാവാണ് അതെന്താണ് നിർവികൽപമാണ് ആ നിർവികൽപത്തേനൂടെ പറയുന്ന ആഗ്രഹണം നിർവികൽപ്പമാണത് എന്തുകൊണ്ട് പര അനപേക്ഷത്വ ഒന്നിനെ അപേക്ഷിക്കാതിരിക്കുക അപ്പോൾ അത് നിർവികൽപ്പമായിരിക്കണമെങ്കിൽ അത് മറ്റൊന്നിനെ ആശ്രയിക്കാതിരിക്കണം വിക്രിയാന തത്വം ഈ ഗ്രഹണം തത്വമല്ല പരമാർത്ഥമല്ല എന്തുകൊണ്ട് പരാപേക്ഷത്വ ഇവിടെ പരാപേക്ഷവിദ്യ അവിദ്യാ കാര്യങ്ങള് അതെല്ലാം നമ്മൾ വിശദീകരിച്ചാണ് അപേക്ഷിക്കുന്നത് നഹി കാരകാപേക്ഷം വസ്തുന ഇവിടെ എന്തെങ്കിലും വിശേഷത നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ സദവിശേഷ കാരകാപേക്ഷ ആ സത്തിന്റെ സുഷുപ്തനായിരിക്കുന്ന ആത്മാവിൽ വരുന്ന ഒരു വിശേഷത ഇതാണ് ഈ കാരകാപേറ്റ് അറിയുന്നവൻ അറിവ് അറിവിന്റെ വിഷയം അതുപോലെ സർവത്തെ സംബന്ധിച്ച് ത്രിപുടിയും അറിവിനെ സംബന്ധിച്ച് പ്രവൃത്തിയെ സംബന്ധിച്ച് വാക്കിനെ സംബന്ധിച്ച് ഈ വിശേഷം ഇതാണ് ഈ ഗ്രഹണം വിക്രിയ വികല്പം നെറവികൽപ്പത്തിലെ നിർവികൽപത്തിൽ വികല്പ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു വികൽപ്പ് സംഭവിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ അത് നിർവികല്പമാണ് അത് അതുകൊണ്ട് ഇവിടെ പറയുന്നെന്താണോ സുഷക്തിയിലെ ആ അഗ്രഹണം അല്ലെങ്കിൽ ആ നിർവികല്പഭാവം അത് ആത്മസ്വരൂപം തന്നെ എന്ന് പറയും ജാഗ്രസ്വപ്ന വ്യവസ്ഥ ഗ്രഹണം വിശേഷ ജാഗ്രസ്വപ്നങ്ങളിൽ എന്താണ് വിശേഷത ഗ്രഹണം സുഷുതിയിലെന്താണ് അവിടെ ഒരു വിശേഷമില്ല അവിടെ ആഗ്രഹണം സുഷുതിൽ ആത്മാവ് ഏകനായി സ്ഥിതി ചെയ്യുന്നു അവിടെ ദ്വൈതമില്ല പരമാർത്ഥത്തിൽ ദ്വൈതം ഒരിടത്തും ഇല്ല ജാഗ്രത്തിനും സ്വപ്നത്തിനും സുഹൃത്തിയിരുന്നു അത് മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഇത് പറയുന്നത് ജാഗ്രത്തിനും അദ്വൈതം തന്നെ പക്ഷേ ജാഗ്രസ്വപ്നു വെച്ചാൽ ഗ്രഹണം വിശേഷം ജാഗ്രസ്വപ്നങ്ങളിൽ ദ്വൈതം അനുഭവപ്പെടുന്നു അജ്ഞ എന്തുകൊണ്ട് പറഞ്ഞു തിമിരം കൊണ്ട് രണ്ടാമതൊരു ചന്ദ്രൻ അനുഭവപ്പെടുന്നത് പോലെ ഇല്ലെങ്കിലോ ഒരു ചന്ദ്രനേ ഉള്ളൂ സുഷുപ്തിയിൽ ഒരു ചന്ദ്രനേ ഉള്ളൂ എന്തുകൊണ്ടാണ് അവിടെ തിമിരമില്ല ദോഷമില്ല ഇതെങ്ങനെ സംഭവിക്കുന്നു ഒരു ജീവൻ തന്നെ അദ്വേനായിരിക്കുന്നു അതേസമയം അവൻ തന്നെ ഈ വിശേഷത്തിൽപ്പെടുകയും ചെയ്യുന്നു അതിന് സമാധാനമാണ് ഭാഷകാരം പറയുന്നത് അത് മായ വിദ്യ അജ്ഞാനം ആ ഒരു ഭാഗം നിർവചിച്ച് ശരിയാക്കാൻ ശ്രമിക്കരുത് സാധ്യമല്ല സൃഷ്ടിയിൽ തന്നെ ഇതിന് ദൃഷ്ടാന്തമുണ്ട് അവിടെ യുക്തിയൊന്നും പ്രവേശിക്കത്തില്ല സൃഷ്ടിയിൽ എന്ത് യുക്തി പ്രവേശിക്കാൻ അവിടെ യുക്തി പ്രവേശിക്കാൻ നമ്മൾ പരാജയപ്പെട്ടു പക്ഷെ അതൊരു വാസ്തവമാണ് കാലം സൃഷ്ടി എന്ന് പറയുന്നത് പരമാർത്ഥമാണ് യുക്തിയോട്ടവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതെന്താണ് നിർവിശേഷമാണ് നിർവികൽപ്പമാണ് അവിടെ വരുന്ന സംശയങ്ങൾ ഇതാണ് കേവലം നിർവികൽപ്പമായിരിക്കുന്ന ആത്മാവിൽ നിന്ന് എങ്ങനെയല്ല സംഭവിക്കുന്നു ജാഗ്രസ്വത്വനങ്ങൾ അങ്ങനെ സംഭവിക്കുന്നതിന് ഒന്നുകൂടി വേണ്ടേ പരിചോദിക്കും ഒന്നുകൂടിയില്ലാതെ എങ്ങനെ സംഭവിക്കും അതുകൊണ്ട് സുഷുതിയിൽ മറ്റെന്തോ കൂടിയുണ്ട് അതൊരു യുക്തിയാണ് അല്ലെങ്കിൽ ജാഗ്രസ്വത്തിനും എങ്ങനെ ഉണ്ടാവും ഉറങ്ങിയവൻ തന്നെ ഉണരുന്നു മറ്റൊരാളായിട്ട് ഉണരുന്നില്ല ഉണർന്നിരുന്നപ്പോഗ്രഹണത്തോടുകൂടിയിരുന്നു എന്ന് വെച്ചാൽ അജ്ഞാനത്തോടുകൂടിയിരുന്നു ഉറങ്ങുമ്പോൾ പറയുന്നോടെ നിർവികൽപ്പനായ ആത്മാവാണ് പക്ഷെ ഉണരുന്നതോ അജ്ഞനായി തന്നെ ഉണരുന്നു ഇപ്പോ നിർവികൽപ്പമായ ആത്മാവായിരുന്നവൻ ഏകനായ ആത്മാവായിരുന്നവൻ തന്നെ ഏകനെ അജ്ഞനായി ഉണരുന്നു സമാനം പറഞ്ഞു മായ അതുകൊണ്ടത് സംഭവിക്കുന്നു ഓരോ ജീവനും സദാ ഇങ്ങനെ സൃഷ്ടിയിലേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നിർവികൽപ്പമായ അതിനെ ഈ ദുരിതവുമായി ബന്ധിപ്പിക്കുന്ന വേണ്ടേ തീർച്ചയായും വേണം അതാണ് മായ അല്ലെങ്കിൽ അവിദ്യ എന്ന് പറയുന്ന അതാണ് ഇതിനെ ബന്ധിപ്പിക്കുന്നത് അതിവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് അവിടെയാണ് ചോദ്യം വരുന്നത് എന്തായാലും ഇവിടെ അതുണ്ട് അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ വിശേഷ ഗ്രഹണമുള്ള സമയത്ത് താൻ മയാധീനം അതുകൊണ്ടല്ലേ അജ്ഞാന സംശയ ഭയങ്ങളെല്ലാം നിലനിൽക്കുന്നത് തന്നെ സംബന്ധിച്ചുള്ള സ്വസ്വരൂപത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ ഭയങ്ങളെല്ലാം നിലനിൽക്കുന്നു അതുകൊണ്ടിവിടെ ഉണ്ട് അവിടേക്ക് പോയി തിരിച്ചു വന്നപ്പോഴും വീണ്ടും ഇതുണ്ട് ഉള്ളതുകൊണ്ട് ഇതവിടെയും വേണ്ടേ സുഹൃത്തിയിൽ മുക്തനായിരുന്നു ജാഗ്രത സ്വപ്നങ്ങളിൽ ബന്ധനാകണമെങ്കിൽ അവിടെയും ഇത് വേണ്ടേ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ ബന്ധനം സംഭവിക്കും ഇതൊരു യുക്തിയാണ് നമ്മൾ സാധാരണഗതി ചിന്തിച്ചു പോകുന്ന ഒരു യുക്തിയാണ് ഈ യുക്തിക്ക് സമാധാനമായിട്ട് വേണമെങ്കിൽ പറയാം അവിടെ ഉണ്ടായിരുന്നു കാരണം ഉറങ്ങി ഞാൻ ആണല്ലോ ഉണർന്ന് വേറൊരാളല്ലോ ഉറങ്ങിയപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നെങ്കിലും വീണ്ടും ഇതിനോട് എന്നെ ബന്ധിപ്പിച്ച ഒന്ന് അവിടെ ഉണ്ടായി തീർച്ചയായിട്ടും ഇതൊരു സാമാന്യ വ്യക്തിയാണ് വിശേഷ വ്യക്തിയല്ല ഒരു സാമാന്യ വ്യക്തി അതുകൊണ്ട് ഇതവിടെ ഉണ്ടായ അതുകൊണ്ട് പറയുന്നത് എന്താണ് അവിടെ നമ്മളെ ബുദ്ധിക്ക് ഒരു സമാധാനം കൊടുക്കുന്നതിന് വേണ്ടി പറയുന്ന അസദ്വാ അസത് വ അസത്തായിരുന്നു അവ്യാകൃത നാമരൂപത്തിൽ ഇരുന്നു പ്രകടമാകാത്ത നാമരൂപങ്ങളോടുകൂടിയിരുന്നു എന്ന് പറയുന്നു അല്ലെങ്കിൽ ഖനീഭൂതമായ വിദ്യ അങ്ങനെയിരുന്നു ഇങ്ങനെയെല്ലാം പറയുന്നു അത് നമ്മുടെ യുക്തിക്കൊരു സമാധാനം പറയുന്നതാണ് അതിന്റെ അർത്ഥം അവിടെ ആത്മാവിനെ കൂടാതെ അവിദ്യ എന്ന് പറയുന്ന ഒരു വസ്തു കൂടി അവിടെ സ്ഥിതി ചെയ്ത എന്തുകൊണ്ട് കാരണം അത് അദ്വയം ഏകം അവിടെ ആത്മാവല്ലാതെ ആത്മാവിൽ നിന്ന് വേറിട്ടും മറ്റൊന്നിനും നിലനിൽക്കാൻ കഴിയില്ല എന്നാലും സൃഷ്ടിയുടെ ബീജം അവിടെ വേണ്ടേ ശ്രദ്ധിക്കും സൃഷ്ടിയുടെ ബീജമായ ഒന്നിനെ ആത്മാവിൽ നിന്നും വേറിട്ട് ഒന്നിന്റെ അസ്തിത്വത്തെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത് സൃഷ്ടിയുടെ ബീജം അതെന്താണോ നിർവികൽപ്പമായ ആത്മാവിൽ നിന്നും വേറിട്ടൊന്ന് അതാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ നിലനിൽപ്പാണോ ആത്മാവിൽ നിന്നും വേറിട്ട് ഒരു സൃഷ്ടിയുടെ ബീജം അതല്ല അവിടെ പറയുന്നത് അങ്ങനെയൊന്നുമില്ല എന്തുകൊണ്ട് അത് അദ്വൈയമായ അവസ്ഥയാണ് അവിടെ പറയുന്നു ശ്രുതി പറയുന്നു അവിടെ ജീവൻ അതിനോട് ഏകീഭവിക്കുന്നു ആത്മാവിൽ നിന്ന് വേറിട്ട് അവിടെ ഒന്നില്ല ആത്മാവിൽ നിന്ന് വേറിട്ട് ഈ ജാഗ്രത സ്വപ്നങ്ങളിൽ പോലും വേറൊന്നില്ല അവിദ്യ കൊണ്ട് ഇതെല്ലാം സംഭവിക്കുന്നു എന്ന് പറയുന്ന ഈ സ്ഥലത്തും നമ്മുടെ അനുഭവത്തിനും പരമാർത്ഥത്തിൽ ആത്മാവിൽ നിന്ന് വേറിട്ടൊന്നില്ല ആത്മാവ് മാത്രമേ ഉള്ളൂ അതാണ് സത്യം എന്നാലും ഇവിടുത്തെ പ്രത്യേകത എന്താണ് ജാഗ്രത സ്വപ്നങ്ങൾ അതിന് നമ്മൾ പറയുന്നത് വ്യവഹാരം ഇവിടെ വ്യവഹാരം എന്ന് പറയുന്നൊന്നും ഉണ്ട് എന്താണ് അനുഭവം ദ്വൈത അനുഭവം ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്ന എന്താണ് ആത്മാവിൽ നിന്ന് വേറിട്ട് പലതും ഉള്ളതുപോലെ ശരീരം മനസ്സ് അതിൻ്റെ എല്ലാം കാരണമായിരിക്കുന്ന അജ്ഞാനം ഇതെല്ലാം വേറിട്ടുള്ളതുപോലെ അനുഭവപ്പെടുന്നു അതുകൊണ്ട് അതില്ലാതാകുന്നതിനുള്ള വിദ്യയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു വിദ്യ ഉണ്ട് ബോധ്യപ്പെടുന്നു എന്താണ് ഇവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ രണ്ടാമതൊന്നുമില്ല അത് വിദ്യകൊണ്ട് ബോധ്യപ്പെടുന്നതാണ് ഉപനിഷത് വിദ്യ ഉണ്ട് പക്ഷെ ഉപനിഷത്ത് വിദ്യകൊണ്ട് അത് ബോധ്യപ്പെടുന്നത് വരെ ഇവിടെ ആത്മാവ് ആത്മാവിൽ നിന്ന് ഭിന്നമായ അനുഭവങ്ങൾ എന്നെവിടെയുണ്ട് ആത്മാനുഭവമുണ്ട് തന്നെ കുറിച്ചുള്ള അനുഭവമുണ്ട് നാനാത്വബോധമുണ്ട് ഈ നാനാത്ത ബോധത്തിന്റെ കാരണം മായ അജ്ഞാനത്തിന്റെ അനുഭവമുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതിനെല്ലാം ഇല്ലാതാക്കുന്ന വിദ്യയുടെ അനുഭവമുണ്ട് ഇതെല്ലാം വ്യവഹാരമാണ് ജ്ഞാനം അജ്ഞാനം വ്യവഹാരം ഇതെല്ലാം വ്യവഹാരമാണ് ഇവിടെ ഈ വ്യവഹാരത്തിൽ ജ്ഞാനത്തിനും അജ്ഞാനത്തിനും തുല്യസ്ഥാനമാണ് അജ്ഞാനം കൊണ്ട് ഗ്രഹണം സംഭവിക്കുന്നു ജ്ഞാനം കൊണ്ട് ജാഗ്രത്തിൽ പരമാർത്ഥത്തെ ബോധിക്കുന്നു ഇതല്ല ഇതിന്റെ പരമാർത്ഥം എന്ന് ബോധിക്കുന്നു ഇവിടെ അജ്ഞാനം കൊണ്ട് അത് അനുഭവത്തിലുമാണ് നമ്മളോരോരുത്തരും പറഞ്ഞ അജ്ഞനാണ് അപ്പൊ അജ്ഞാനം ഉണ്ടായിരിക്കാന്നൊരു നമ്മുടെ അനുഭവമാണ് ഞാൻ അജ്ഞനാണല്ലോ തത്ത്വസീന്നിന്റെ സ്വരൂപം നിർവികല്പമായ ആത്മാവാണ് എന്ന് പറഞ്ഞാൽ നീ അതറിയുന്നുണ്ടോ ഇല്ല ഞാൻ അറിയുന്നില്ല ഞാൻ എന്നെ അറിയുന്നത് രാമനായോ കൃഷ്ണനായോ ഒക്കെയാണ് അപ്പൊ അജ്ഞാനം എന്ന് പറയുന്നത് അതാ മറ്റൊരാൾ പറഞ്ഞു തരുന്ന കാര്യമില്ല അജ്ഞാനത്തെ ആരും ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട് അജ്ഞാനം നിലനിൽക്കുമ്പോൾ അത് അനുഭവത്തിന് വിഷയമായി നിലനിൽക്കും അല്ലാതെ അതിന് നിലനിൽക്കാൻ പറ്റത്തില്ല അവിടെ അനുഭവം ഉണ്ടായിരിക്കും എന്തുകൊണ്ട് അത് വ്യവഹാരത്തിലാണ് നിലനിൽക്കുന്നത് ഉണ്ട് ഇല്ല എന്നുള്ള ഈ അനുഭവത്തെയാണ് വ്യവഹാരം പറയുന്നത് അപ്പോൾ ആത്മാവ് നിത്യമുക്തമായി സദാസ്ഥിതി ചെയ്യുന്നുവെങ്കിലും ജാഗ്രതത്തിലും സ്വപ്നത്തിലും വ്യവഹാരമുണ്ട് അദ്വൈതാനുഭവമുണ്ട് അജ്ഞാനാനുഭവമുണ്ട് വ്യവഹാരശൂന്യമായൊരു തല ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവം ഇല്ലാത്തൊരു തലം അവിടെ ആത്മാവല്ലാതെ ഒന്നിന് ഉണ്ടെന്നോ ഇല്ലെന്നോ നിഷേധിക്കാമെന്നൊന്നും കഴിയത്തില്ല വ്യവഹാരം എന്ന് പറഞ്ഞാൽ ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവം അതാണ് ജാഗ്രസ്വപ്നം ഈ വ്യവഹാരം ഇല്ലാത്ത അതാണ് സുശക്തി വ്യവഹാരമില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ട് ഇല്ല എന്നുള്ള അനുഭവമില്ലെന്നാണ് അങ്ങനെ ഒരു അനുഭവം ഇല്ലാത്തൊരവസ്ഥയിൽ നമുക്ക് എന്തിനെങ്കിലും ഒന്നിനെ ഉണ്ടെന്നോ ഇല്ലെന്നോ അവിടെ നമുക്ക് ആ അവസ്ഥയെ സംബന്ധിച്ച് സമർത്ഥിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് അത് വ്യവഹാരാതീതം അത് അനിർവചനീയം അതിലൊരു തരത്തിലും ഉണ്ട് ഇല്ല നിർവചിക്കാൻ സാധ്യമല്ല പക്ഷേ അവിടെ തന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല എന്തുകൊണ്ട് ഞാൻ സുപ്തനായി എന്നാണ് അനുഭവം സുപ്തനായി ഞാൻ തന്നെയാണ് ജാഗ്രത്തിലേക്കും സ്വപ്നത്തിലേക്കും വന്നത് എന്നാണ് അനുഭവം അപ്പോൾ അവിടെ തന്നെ നിഷേധിക്കാൻ കഴിയുന്നില്ല അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയുന്നില്ല ഉണ്മയെ അവിടെ നിഷേധിക്കാൻ കഴിയുന്നില്ല മറ്റൊന്നിനെ സമർപ്പിക്കാനും കഴിയത്തില്ല അതുകൊണ്ട് സുഷുത്തി വ്യവഹാരാതീതം വ്യവഹാരാതീതമായ ഒന്നിന് നമുക്ക് ഒന്നിനെയും ഉണ്ടെന്നോ ഇല്ലെന്നോ നിശ്ചയിക്കാം അതുകൊണ്ട് അവിടെ അവിദ്യ ഉണ്ടോ അവിദ്യയില്ലയോ രണ്ടും പറയാൻ കഴിയില്ല അതുകൊണ്ടാണ് അതിന് അനൗവചനീയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഭാഷ്യകാരം പറഞ്ഞെന്താണ് സ്വാഭാവികത്വം അവിടെയുള്ളതെന്താണ് സ്വഭാവം തൻ്റെ വാസ്തവ സ്വരൂപം അത് മാത്രമേ അവിടെയുള്ളൂ രണ്ടാമത് മറ്റൊന്നൂടെ ഇപ്പോൾ നമ്മൾ പറയുന്നു രണ്ടാമത് ഒന്നും നമുക്കവിടെ അനുഭവപ്പെടുന്നില്ല അത് ഉണ്ടോ ഇല്ലയോ എന്ന് സമർത്ഥിക്കാൻ വേണ്ടി പറയുന്നതല്ല സമർത്ഥിക്കാൻ സാധ്യമല്ല യുക്തി പ്രവേശിക്കാത്തടത്തൊന്നിനെ സമർത്ഥിക്കാൻ സാധ്യമുണ്ട് പക്ഷെ തന്റെ അസ്തിത്വത്തെ നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് താൻ തന്നെയാണ് ഉറങ്ങിയത് അത് നിഷേധിക്കാൻ കഴിയുന്നില്ല അതുകൊണ്ട് പറയുന്നു എന്താണ് നിർവികൽപമായ ആത്മാവ് അത് മാത്രം അവ്യവഹാരമില്ല അതിനാണ് പറഞ്ഞത് എന്താണ് അവിടെ ആഗ്രഹണം ഒന്നിനേ ഗ്രഹിക്കുന്നില്ല ആഗ്രഹണം എന്താണ് അത് ആത്മസ്വരൂപം തന്നെ രണ്ടാമത് എന്തിനെങ്കിലും ഒന്നിനെ അംഗീകരിക്കുക അത് സാധ്യമല്ല അംഗീകാര നിഷേധങ്ങൾക്കൊന്നും കേവലമായ അസ്തിത്വം നിർവികൽപമായ അസ്തിത്വം അത് മാത്രം അതിന് എന്തുകൊണ്ടിതുണ്ടാകുന്നു പറഞ്ഞു അത് ആണ് വിദ്യ അജ്ഞാനം അങ്ങനെ അജ്ഞാനം എന്ന് പറയുന്ന ഒന്നുകൂടി ഉണ്ടോ ഇല്ല അജ്ഞാനം എന്താണ് അത് വെറും കല്പിതമാണ് ആത്മാവിനെങ്ങനെയാണ് ഒരു അസ്തിത്വം ഉള്ളത് അതുപോലെ അജ്ഞാനത്തിന് ഒരു അസ്തിത്വം ഇല്ല കൊണ്ട് നമ്മൾ പറയുന്നതെല്ലാം അസ്തിത്വം തേങ്ങ ആ പറയുന്ന അസ്തിത്വം ആത്മാവിന്റെ അസ്തിത്വമാണ് ആത്മാവിന്റെ അസ്തിത്വത്തെ സർവത്ര ശരീരം തുടങ്ങിയിൽ ആരോപിച്ചിട്ട് ഇതെല്ലാം ഉണ്ടെന്ന് പറയുന്നത് പോലെ അജ്ഞാനത്തിനും ആരോപിച്ചിട്ട് പറയണം അജ്ഞാനം ഉണ്ടെന്ന് അജ്ഞാനത്തിന് അസ്തിത്വം ഉണ്ടായിട്ടല്ല അത് ഒരിടത്തുമില്ല ജാഗ്രതത്തിനുമില്ല സ്വപ്നത്തിനുമില്ല സുഷൃത്തിനുമില്ല അജ്ഞാനത്തിന് അസ്തിത്വം അപ്പൊ നമ്മൾ പറയുന്നത് വെറും ഭ്രാന്തിയാണ് അജ്ഞാനം ഉണ്ട് അതെവിടെ പറഞ്ഞാലും എന്താണത് ജാഗ്രത്തിലായാലും സ്വപ്നത്തിലായാലും അത് വെറും ഒരു കൽപ്പന മാത്രമാണ് അതുകൊണ്ടാണ് ഭാഷ്യകാരം പറയുന്ന അജ്ഞാനം അനിർവചനീയമാണ് ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കാൻ വയ്യ ജാഗ്രത്തിൽ പോലും നിർവചിക്കാൻ വയ്യ അത് ഉണ്ടെന്നോ അങ്ങനെ നിർവചിക്കാൻ കഴിയാത്ത ഒന്നിനെ സുഷുത്തിയിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ അങ്ങനെ നിർവചിക്കുന്നു സുഷുദ്ധിയിൽ അതിന് നിർവചിക്കാൻ പറ്റത്തില്ല ഒന്ന് സുഷു വ്യവഹാരാധികൾ സുഷ്ടെന്തായാലും സാധ്യമല്ല ജാഗ്രത്തിൽ ഇരുന്നുകൊണ്ട് അജ്ഞാനത്തിൽ ഉണ്ടെന്നോ ഇല്ലെന്നോ നിർവചിക്കാൻ സാധ്യമല്ല അതാണ് അതിനുവചനീയം പറയുന്നത് അന സുഷുതിയിൽ ഉണ്ടെന്നോ എങ്ങനെ നിർവചിക്കും അതുകൊണ്ട് പറയുന്നു അവിടെ ആഗ്രഹണം അവിദ്യാകൃതമല്ല ഭാഷകാരൻ പറയുന്നു അത് സ്വാഭാവികമാണ് എന്താണ് സ്വഭാവം കേവലമായ ആത്മാവ് അവിടെ ദ്വൈതമില്ല എന്നാലും ആ അവസ്ഥയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് ജീവൻ പ്രദീക്ഷിണം കടന്നുവരുന്നു ബന്ധമോക്ഷങ്ങളെ അനുഭവിക്കുന്നു ഇവിടെ അതിനുവേണ്ടി ഒരു ഹേതു വേണ്ടേ എന്ന് ചോദിച്ചാൽ പറയും അതെ അത് അവ്യാകൃതമായ ഈ സൃഷ്ടിക്ക് സജ്ജമായിരിക്കുന്ന ചേതവ മുഖം നമ്മൾ വ്യാഖ്യാനിച്ചു ഒന്നവിടെയുണ്ട് എന്ന് പറയുന്നു അതൊരു കേവലമായ യുക്തി കൊണ്ടുള്ള ഒരു സമാധാനം മാത്രം ആ സമാധാനവും ആത്യന്തികമല്ലെന്ന് മനസ്സിലാകും എന്തുകൊണ്ട് അതേ പ്രശ്നം ജാഗ്രതത്തിനും ചോദിക്കും ജാഗ്രതത്തിലും ഇത് ഏകനാണല്ലോ ഏകനായ ഈ ആത്മാവ് ജാഗ്രതങ്ങനെ ഈ സംസാരത്തിൽപ്പെട്ടിരിക്കുന്നു ചോദിക്കുന്നത് സുഷുതിയിൽ പോയിട്ട് തിരിച്ചു വന്നെങ്ങനെ സംസാരത്തിൽപ്പെടുന്നു എന്നാണ് സുഷുതി പോയി തിരിച്ചു വരുന്നള്ളം വരെ ചിന്തിക്കണ്ട ജാഗ്രത ചിന്തിച്ചാൽ മതി ജാഗ്രത്തിനും ആത്മാവ് നിർവികൽപ്പനാണ് നിർവികൽപ്പമായിരിക്കുന്ന ആത്മാവ് ഈ ജാഗ്രത്തിൽ എങ്ങനെ സംസാരത്തിൽപ്പെട്ടിരിക്കുന്നു ഇതിന് സമാധാനം കണ്ടുപിടിച്ചിട്ട് മതി സുഹൃത്തിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ എങ്ങനെ സംസാരത്തിൽപ്പെടുന്നു എന്നുള്ളത് ചിന്തിക്കുന്നു ചോദ്യം ഇതാണ് എന്താണ് സുഹൃത്തിയിൽ ദൃവികൽപ്പനായ എങ്ങനെ ജാഗ്രത തിരിച്ചു വന്ന് സംസാരത്തിൽപ്പെടുന്നു ശ്രുതി പറയുന്നത് ഇവിടെ ഏകീഭൂതനായിരിക്കുന്നു ജീവാത്മ പരമാത്മ ഭേദം നഷ്ടപ്പെട്ട് ഏകനായിരിക്കുന്നു എങ്കിൽ പിന്നെ വീണ്ടും ജാഗ്രതത്തിൽ എങ്ങനെ സംസാരത്തിൽപ്പെടുന്നു എന്നാണ് നമ്മുടെ ചോദ്യം അതിന് മുമ്പ് ചോദിക്കേണ്ട ചോദ്യം ഇതാണ് ഈ ജാഗ്രത്തിലും ഈ ആത്മാവ് ഏകനായിരിക്കുന്നു നിത്യമുക്തനായിരിക്കുന്നു അതിന് സുഷൃത്തിവര പോകേണ്ട കാര്യമില്ല സദാ നിത്യമുക്തൻ എന്ന് വെച്ചാൽ അന്നെ സദാമുക്തനാണ് സദാമുക്തനായിരിക്കുന്ന ഈ ആത്മാവ് ഇവിടെ എന്തുകൊണ്ട് സംസാരത്തിൽപ്പെടുന്നു എന്തുകൊണ്ടിവിടെ ഈ ഗ്രഹണം സംഭവിക്കുന്നു അതിന് സുഷപ്തിരെ എന്തിനു പോകണം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കും ഇവിടെ ചോദിക്കുക ആ ചോദ്യം ഇവിടെ ആ ചോദ്യത്തിന് സമാധാനം കിട്ടിയാൽ സുഷുത്തിന് സമാധാനം കിട്ടും ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല അതിനുവേണ്ടി സുഷിതിയിൽ പ്രത്യേക കൽപ്പനകളുടെ ആവശ്യമില്ല ഇത് മനസ്സിലാക്കാത്തവർക്കാണ് പിന്നെ സുഷുപ്തി പോകേണ്ടി എന്തുകൊണ്ട് ജാഗ്ര സ്വപ്നങ്ങളിൽ ബന്ധനസ്ഥനായിരിക്കുന്നു എന്തായാലും അങ്ങനെ ആകുന്നുണ്ടല്ലോ അത് നമ്മുടെ അനുഭവമാണ് ഞാൻ അജ്ഞനാണ് ഞാൻ നിർവികൽപ്പനാണെന്നല്ല ഞാൻ അജ്ഞനാണ് ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു അപ്പൊ ജാഗ്രതത്തിൽ നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിന് ഈ ബന്ധനത്തിൽപ്പെടാമെങ്കിൽ ഈ ജാഗ്രതന് വിട്ട് നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിനും ബന്ധനത്തിൽപ്പെടാം കാരണം രണ്ട് സ്ഥലത്തും ആത്മാവിന്റെ നില ഒന്ന് തന്നെ എന്താണ് നിത്യമുക്തൻ ജാഗ്രതത്തിനും സ്വപ്നത്തിനും സുഷൃത്തിയിലും മൂന്ന് സ്ഥലത്തും ഒരേ നില തന്നെ ഒരേ നിലയിൽ നിത്യമുക്തനായിരിക്കുന്നതിന് ബന്ധനത്തിനാകാം അത് യുക്തിയൊന്നും ഇല്ല സ്വ അനുഭവമാണ് അല്ലെ പറയുന്നത് ആത്മാവ് നിത്യമുക്തനാണ് അനുഭവമാണ് പറയുന്നത് ഞാൻ അജ്ഞനാണ് ഇവിടെ അനുഭവമാണ് പ്രമാണം എന്താണ് ഞാൻ സംസാരിയാണ് ഇവിടെ ഇപ്പോൾ നിത്യമുക്തനായിരുന്നിട്ടും ഞാൻ സംസാരിയായിരിക്കുന്നത് യുക്തിയുടെ ആവശ്യമില്ല സ്വാനുഭവം അപ്പൊ നിത്യമുക്തനായിരിക്കുന്ന ആത്മാവിന് സംസാരിയാകാം അങ്ങനെയാണെങ്കിൽ ഉറങ്ങിയിട്ട് വീണ്ടും സംസാരിയാകാം അവിടെയും ഇത്രേ പറയുന്നുള്ളൂ ആത്മാവ് നിത്യമുക്തനാണ് അതവിടേക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല ജാഗ്രതനും ആത്മാവ് മുക്തനെന്നാണ് പറയുന്നത് അപ്പോ മുക്തനായിരിക്കുന്ന ഒരാത്മാവിന് സംസാരിയുമാകാം അതാണ് ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം ഞാൻ ജനിക്കുന്നു മരിക്കുന്നു ഞാൻ ബന്ധനാണ് എനിക്ക് മോക്ഷം വേണം ഈ അനുഭവം ഇത് ജാഗ്രതയിലെങ്ങനെയാണോ സംഭവിക്കുന്നത് ഇത് തന്നെയാണ് സുഷ്ടയിൽ സംഭവിക്കുന്നത് അതിന് വിശേഷിച്ചൊരു വ്യക്തിയുടെ ഇതിനെന്താണ് അദ്വൈതി പറയുന്നത് മായ അദ്വൈതി മാത്രമല്ല അദ്വൈതികള് എല്ലാ പേരും ഒരു തരത്തിലെങ്കിൽ വേറെ തരത്തിൽ ഈ മായ സ്വീകരിക്കുന്നു ജീവന് ബന്ധന ബന്ധനസ്ഥനാക്കുന്ന എന്തോ അതിന്റെ നിർവചനത്തിൽ വ്യത്യാസങ്ങളുണ്ടെന്നേ ഉള്ളൂ പക്ഷേ മായ അംഗീകരിക്കും ദ്വൈതിരിക്കുന്നു ഈശ്വരന്റെ മായാണ് എന്നെല്ലാം പറയും ജീവീശ്വര ഭേദ സ്വീകരിക്കുന്നവരും മായെ സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഈ സൃഷ്ടിയും മറ്റു സംഭവിക്കട്ടു ഈശ്വരനെ നിലയത്തില്ലാത്തവർ അതുകൊണ്ട് മായ സ്വീകരിച്ചേ പറ്റും എല്ലാവർക്കും അത് ഇവിടെ ഭാഷകാരനും പറയും ഈ ജാഗ്രത്തിൽ നിത്യമുക്തനായിരിക്കുന്ന ഈ ആത്മാവിനെ ബന്ധനത്തിലാക്കുന്ന ആ മായ അജ്ഞാനം അത് സുഷിത്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ അവനെ വീണ്ടും ബന്ധനസ്ഥനാകുന്നു എന്താണത് അത് അനിർവചനീയമാണ് എന്ന് പറഞ്ഞാൽ സ്വാനുഭവത്തിലുള്ളതാണ് എന്നാൽ ആത്യന്തികമായി നിലനിൽക്കാത്തതുമാണ് അത് എവിടെയാണ് നിലനിൽക്കാത്തത് അവന് ദൃഷ്ടാന്തം പറഞ്ഞു ഇത് നിലനിൽക്കാത്തൊരു സ്ഥലമില്ലല്ലോ പറഞ്ഞു സുഷിപ്പ് അവിടെ ഈ വിഭ്രാന്തികളില്ല അവിടെ അജ്ഞോഹം എന്ന് അനുഭവിച്ചുകൊണ്ടൊരാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഒരനുഭവം വന്നോ ഉടനത് ഉണർവായി ജാഗ്രതായി അനുഭവിച്ചുകൊണ്ടിറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാണ് അതിനഗ്രഹണം എന്നുള്ളത് ഗ്രഹണമില്ല എന്തുകൊണ്ട് ഇതിങ്ങനെ വന്നു ജീവൻ സൃഷ്ടന പ്രാവശ്യം ഇതിനെ സൃഷ്ടിച്ചവൻ തന്നെ സൃഷ്ടിയിൽ പ്രവേശിച്ചിരിക്കുകയാണ് സൃഷ്ടിയിൽ പ്രവേശിച്ചപ്പോ തന്റെ പരമാർത്ഥ ഭാവത്തെ വിട്ടിട്ടല്ല പ്രവേശിച്ചിരിക്കുന്നത് വഷികാനന്ദ്ര ആ പരമാർത്ഥ സ്വരൂപത്തെ തന്നെ ആണ് പ്രവേശിച്ചിരിക്കുന്നത് അതിന്റെ പരമാർത്ഥമല്ലാത്ത ഭാവമാണ് ഈ ജാഗ്രസ്വപ്നം അതിന്റെ പരമാർത്ഥ ഭാവമാണ് അസശക്തി അതുകൊണ്ടുതന്നെ അതിനെ വിട്ടിട്ടില്ല എന്ന് പറയുന്നു അങ്ങനെ ഒരു അവസ്ഥ ഈ ജീവന് ഉള്ളതുകൊണ്ടാണ് അദ്വൈതത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത് പ്രത്യേകമായ അദ്വൈതമായ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്നത് തന്നെ അഗ്രഹണരൂപത്തിലുള്ള സുഷുപ്തി എന്ന് പറയുന്ന അനുഭവം ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഇതിനെ ചിന്തിക്കാൻ വരെ പ്രമാണമൊന്നുമില്ല സദേവസ്വാമി അതാണ് ഇവിടെ സൃഷ്ടിക്കുന്നുമു പറയുന്നു സത്തെന്നും അസത്തെന്നും എല്ലാം പറയുന്നു അതുകൊണ്ട് എങ്ങനെയാണോ നിത്യമുക്തനായിരിക്കുന്ന ആത്മാവ് നിത്യമുക്തനായിരിക്കാഗ്രതയിൽ അജ്ഞനായും ഇരിക്കുന്നു അതുപോലെ സുഷുപ്തിയിൽ നിത്യമുക്തനായി ഇരുന്നിട്ട് വീണ്ടും ജാഗ്രത്തിലേക്ക് ബന്ധനസ്ഥനാകുന്നു അപ്പോ ജാഗ്രത സ്വപ്നങ്ങളോ അജ്ഞാനകാര്യം എന്ന് പറഞ്ഞാൽ മുക്തനായ ആത്മാവിലെ കൽപ്പനകൾ മുക്തനായ ആത്മാവിലെ ഭ്രാന്തി എന്ന് പറയും എന്താ കൽപ്പനാഭ്രാന്തി എന്ന് പറഞ്ഞാൽ പരമാർത്ഥമല്ലാത്തത് എന്നാണ് എൻ്റെ അർത്ഥം ആത്മാവ് എങ്ങനെയാണോ പരമാർത്ഥമായിരിക്കുന്നത് അതുപോലെ പരമാർത്ഥമല്ലാത്തത് അതാണ് അജ്ഞോഹം എന്നുള്ള അനുഭവം അതുകൊണ്ട് എന്താണിത് പറയുന്നത് പറഞ്ഞത് സുഷുതിയിൽ അഗ്രഹണരൂപത്തിൽ ഈ അജ്ഞാന സംശയങ്ങളിൽ നിന്നെല്ലാം മിനോർമുക്തനായി സ്ഥിതി ചെയ്താലും വീണ്ടും ജാഗ്രത്തിൽ ബന്ധനസ്ഥനാകാം അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഏതുപോലെ നിത്യമുക്തനായി ജാഗ്രത്തിൽ ഇരുന്നിട്ടും അതേ ജാഗ്രത്തിൽ അവൻ ബന്ധനസ്ഥനാകുന്ന പോലെ ഇതിനേണ്ടി പോംവഴി എന്താ സൃഷ്ടിയും പ്രളയവും എന്ന് പറയുന്നതിനെ തന്നെ സൃഷ്ടി സൃഷ്ടി പ്രളയം തത് സൃഷ്ടിവാത്ത അനുപ്രാവശ്യതെന്ന് പറയുന്നതിനെ സൃഷ്ടിച്ചിട്ട് അനുപ്രവേശം നടത്തി സൃഷ്ടിയിൽ ഒന്നും സൃഷ്ടിക്കാതിരുന്നു ജാഗ്രതപ്നങ്ങളിൽ ഇതിനെയെല്ലാം സൃഷ്ടിച്ചു സൃഷ്ടിച്ചിട്ട് അതിനോട് താതാത്മ്യപ്പെടുന്നു മനസ്സ് ശരീരം ബുദ്ധി എല്ലാത്തിനുള്ള താതന്ത്ര്യപ്പെടുന്നു ഇതിങ്ങനെ പ്രദക്ഷിണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രദക്ഷിണം മുക്തനായും ബന്ധനസ്ഥനായും ഇരിക്കുന്നു ആത്മാവ് രണ്ടും അതൊന്ന് പരമാർത്ഥം മറ്റൊന്ന് പരമാർത്ഥമല്ല ഇതിന്റെ അവസാനം ഇങ്ങനെ പറയുന്നു അതിനാണ് തത്വജ്ഞാനം ആത്മാവിന്റെ വാസ്തു സ്വരൂപം നിത്യമുക്തമാണ് അത് ജാഗ്രത്തിനും സ്വപ്നത്തിനും നിത്യമുക്തമാണോ എന്നറിയുന്ന തത്വജ്ഞാനം ആ തത്വജ്ഞാനത്തിൽ ഈ ഗ്രഹണം വിശേഷം എന്ന് പറയുന്ന ഈ ഗ്രഹണം ജാഗ്രത സ്വപ്നങ്ങളാകുന്ന ഗ്രഹണം അത് പരമാർത്ഥമല്ല എന്നറിയുന്നു അതാണ് തത്വജ്ഞാനം തത്വജ്ഞൻ എങ്ങനെ മുക്തനാകുന്നു തത്വജ്ഞൻ അറിയുന്നു എന്താണോ ആത്മാവ് എങ്ങനെയാണോ സുഷൃപ്തിയിൽ മുക്തനായിരിക്കുന്നത് അതുപോലെ ജാഗ്രത സ്വപ്നങ്ങളിലും മുക്തൻ തന്നെ താൻ മുക്തനാണെങ്കിൽ ആത്മാവാണ് തന്റെ സ്വരൂപം ആ രീതിയിൽ താൻ മുക്തനാണ് എങ്കിൽ പിന്നെ തനിക്ക് അജ്ഞോഹം എന്നുള്ള അനുഭവമില്ല സ്വസ്വരൂപത്തെ സംബന്ധിച്ച് ഞാൻ അജ്ഞനാണ് എന്നൊരു അനുഭവമില്ല അജ്ഞാനം ജാഗ്രതത്തിനുമില്ല സ്വപ്നത്തിനുമില്ല സുഷുതിയിലുമില്ല ത്രികാലത്തിനും മൂന്നവസ്ഥകളിലുമില്ല അതാണ് മുക്തി മുക്തി അവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഞാനിയും അജ്ഞാനിയും വ്യത്യാസം ജ്ഞാനിയും ഉണരുന്നു ഉറങ്ങുന്നു അജ്ഞാനിയും ഉണരുന്നു ഉറങ്ങുന്നു സുഹൃത്തിയിൽ അജ്ഞാനമുണ്ട് അപ്പോ ഞാനീ ഉറങ്ങുമ്പോ വീണ്ടും അജ്ഞനാകത്തില്ലേ ബാലിസമായ കല്പനകളാണ് പിന്നെ സുഷൃതി എന്ന് പറയുന്നത് അവിടെ അജ്ഞാനമില്ലേ അതുകൊണ്ട് ജ്ഞാനം ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചാൽ പിന്നെ എങ്ങനെ ഉറങ്ങാൻ കഴിയും കാരണം ഉറങ്ങണമെങ്കിൽ അതാണ് സുസൃതി അവിടെ അജ്ഞാനമുണ്ട് ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഉറങ്ങും ഇത്തരം സംശയങ്ങൾ ഇത്തരം ഇതിനാണ് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് അജ്ഞാനം അജ്ഞന്റെ സംശയം ആണ് പിന്നെ ജ്ഞാനിക്ക് ഉറക്കത്തിനും ഒരു ഉണർവ് കാണുമോ ജാഗ്രത ജ്ഞാനം ഉള്ളതുപോലെ ഉറക്കത്തിനും ഒരു ജ്ഞാനം കാണുമോ അല്ലെങ്കിൽ പിന്നെ അജ്ഞാനം എന്നെ കാണത്തുള്ളൂ ജ്ഞാനി സദാ ജ്ഞാനി ഉറക്കത്തിൽ അജ്ഞനാകാൻ പറ്റുന്നു ഇതെല്ലാം ഇതിനെ തലകീഴായി മനസ്സിലാക്കുന്നൊണ്ട് വരുന്ന ദോഷങ്ങളാണ് ഭക്ഷിക്കാരൻ ആവർത്തിച്ചാവർത്തി പറയും തത്വജ്ഞാനം എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു ഗുണത്തെ അവിടെ ആധ്വാനം ചെയ്യുന്നില്ല ഞാനീ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ഞാനിക്കൊരു കൊമ്പ് ഉണയ്ക്കുന്നതല്ല അതല്ല മറിച്ച് തത്വജ്ഞാനം ഇത്തരത്തിലുള്ള ഭ്രാന്തികളെ നിരാകരിക്കുന്നതാണ് ആ നിരാകരണത്തിന് മാത്രം ഉപകരിക്കുന്ന ഒന്നാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത് തത്വമാണ് പരമാർത്ഥം തത്വജ്ഞാനമല്ല തത്വജ്ഞാനം ആവശ്യമാണ് എന്തിനാ ഈ ഭ്രാന്തികളെ നിരാകരിക്കുന്നത് ഇരുളിനെ നിരാകരിക്കുന്നതിന് വെളിച്ചം കൂടിയെത്തിയിരുന്നു ആ തത്വജ്ഞാനത്തെയാണ് ശ്രുതി ഉപദേശിക്കുന്നത് തത്വമസേജ് എന്ന് ഉപദേശിക്കുന്നു ആ തത്വജ്ഞാനത്തെയാണ് ഈ ഉപനിഷത്തുകളിലൂടെ എല്ലാം വ്യാഖ്യാനിക്കുന്നത് ആ തത്വജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നവനാണ് ജ്ഞാനി എന്ന് പറയുന്നു ജ്ഞാനി തന്റെ തത്വത്തെ ഗ്രഹിക്കുന്നു തന്റെ തത്വം എങ്ങനെ അത് നിത്യമുക്തമാണ് അതിൽ ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്നുള്ള ഭേദങ്ങളില്ല ഭേദങ്ങളോ ഇതൊന്നും പരമാർത്ഥമല്ല ഇത് കൽപ്പിതമാണോ തന്റെ സ്വരൂപം എന്താണ് ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്നുള്ള ഈ ജാഗ്രതലെ കൽപ്പനകൾ ആ കൽപ്പനകളിൽ നിന്നെല്ലാം പൂർണ്ണമായും സ്വതന്ത്രമായ തുര്യമാണ് അതാണ് തന്റെ സ്വരൂപം അവിടെ ഈ കൽപ്പനകൾക്കൊരു സ്ഥാനവുമില്ല ജ്ഞാനിയുടെ ജാഗ്രത് ഞാനിയുടെ സ്വപ്നം ഞാനീടെ സുഷുപ്തി എന്നൊന്നും വേദിയിരിക്കാം എന്തുകൊണ്ട് ഞാനിയെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനം എന്ന് പറയുന്ന കേവലമായ സ്വരൂപം മാത്രമേ ഉള്ളൂ ആ കേവലമായ സ്വരൂപത്തിൽ ഈ അവസ്ഥകൾക്കെല്ലാം തുല്യസ്ഥാനം ജാഗ്രത സ്വപ്നമോ സുഷുപ്തിയോ എല്ലാത്തിനും ഒരേ സ്ഥാനം എന്താണ് കല്പിതമായ സ്ഥാനം ഞാൻ ഈ സ്വസ്വരൂപത്തെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് നിത്യമുക്തമായിട്ടാണ് ഈ അവസ്ഥകളൊന്നും എന്നെ ബാധിക്കുന്നില്ല അവസ്ഥകളുടെ അനുഭവം ഉണ്ടോ ജാഗ്രസ്വപ്ന സുശക്തി ആദികളുടെ അവസ്ഥകളുടെ പരമാർത്ഥത്തിലില്ല അത് പരമാർത്ഥത്തിൽ ഉള്ളവെന്നോട് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല പിന്നെ എങ്ങനെയാ തുര്യനും കല്പിതമായ രീതിയിൽ അവസ്ഥകളെല്ലാം ഉണ്ട് കല്പിതമായ രീതിയിൽ ദ്വൈതമുണ്ട് അവസ്ഥകളും ഉണ്ട് അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്വൈതം കൽപ്പിതമാണ് അല്ലാതെ അത് വാസ്തവമല്ല അജന അദ്വൈതം ഒരു കൽപ്പനയാണ് ഞാനീ സംബന്ധിച്ചിടത്തോളം ദുരിതം ഒരു കൽപ്പനയാണ് അവസ്ഥകൾ കൽപ്പനകളാണ് ആ കൽപ്പനകളിൽ എന്താണോ വസ്തു സ്വഭാവം അല്ലെങ്കിൽ സ്വരൂപം അതിനനുസരിച്ച് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാഗ്രതത്തിന്റെ സ്വഭാവം എന്താണോ അത് അങ്ങനെ ഇരിക്കുന്നു സ്വപ്നത്തിന്റെ സ്വഭാവം എന്താണോ അതങ്ങനെ തന്നെ ഇരിക്കുന്നു വസ്തു സ്വഭാവത്തെ മാറ്റുന്നതല്ല ഞാനും അതിന്റെ തത്വത്തെ ബോധിപ്പിക്കുന്നതാണ് ഞാൻ അഗ്നി ഊഷ്ണമായിട്ട് തന്നെ ഇരിക്കുന്നു ജലം ശീതമായിട്ട് തന്നെയിരിക്കുന്നു വിശപ്പ് വിശപ്പായി തന്നെ ഇരിക്കുന്നു ദാഹും ദാഹമായി തന്നെ ഇരിക്കുന്നു ജ്ഞാനും അതിനെയൊന്നും മാറ്റിമറിക്കുന്നതല്ല അതിന്റെ എല്ലാം പരമാർത്ഥം ആണ് അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഇത് ഓരോന്നിനും സത്യത്തെ ബുദ്ധിയുണ്ട് ജാഗ്രത്തിലും സ്വപ്നത്തിലും സുഹൃത്തിയിലും ഈ അവസ്ഥകളിലെല്ലാം സത്യത്തെ ബുദ്ധിയുണ്ട് ജാഗ്രത്തിൽ വരുന്ന ഓരോ അനുഭവങ്ങളിലും സത്യത്തെ ബുദ്ധിയുണ്ട് ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം ഈ സത്യത്വ ബുദ്ധിക്ക് കാരണമായിരിക്കുന്ന അജ്ഞാനെന്ന ശിഷ്ട അതുകൊണ്ട് ഇതിനൊന്നും സത്യത്വ ബുദ്ധിയിൽ ഇതെല്ലാം പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു പരമാർത്ഥമല്ല എന്ന് ബോധിച്ചാലും അതിന്റെ പ്രതീതി നിലനിൽക്കുന്നു അതുകൊണ്ട് അജ്ഞനെ കാണുന്നു അജ്ഞനോട് ഉപദേശിക്കുന്നു ഇതാണ് പരമാർത്ഥം ഇത് കേവലം പ്രതീതിയാണെന്ന് ഞാനിപദേശിക്കുന്നത് അജ്ഞാനത്തെയുള്ള ജ്ഞാനത്തെ തന്നെയാണ് ആത്മാവ് സത്യമാണ് ഇതെല്ലാം കേവലം പ്രതീതി മാത്രമാണ് എന്നുള്ള ജ്ഞാനത്തെയാണ് ഉപദേശിക്കുന്നത് ഉപദേശം എങ്ങനെയോ അതനുസരിച്ച് കേൾക്കുന്നവനതിനെ ഗ്രഹിക്കാൻ കഴിയുന്നില്ലെന്നേ ഇപ്പം ജ്ഞാനം കൊണ്ട് അവസ്ഥകളല്ലോ ഒന്നും പ്രത്യേകതകളൊന്നും സംഭവിക്കുന്നില്ല ഈ അവസ്ഥകളിലെല്ലാം പ്രത്യേകതകൾ സംഭവിക്കുന്ന മറ്റ് വിദ്യകളുണ്ടാകാം ജാഗ്രതനെ നിരോധിക്കാം സ്വപ്നത്തെ നിരോധിക്കാം സുഷുധിയെ നിരോധിക്കാം അതൊക്കെ വേറെ അഭ്യാസങ്ങളാണ് അത്തരം അഭ്യാസങ്ങളെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത് അദ്വൈതത്തെ ചർച്ച ചെയ്യുന്നു നിരോധത്തെക്കുറിച്ചല്ല പറയുന്നു ഇവിടെ പറയുന്ന എന്താണ് ജ്ഞാനത്തെക്കുറിച്ചാണ് ആനുഭാഷ്യകാലം പറയുന്നത് അത് കർത്തൃതന്ത്രമല്ല വസ്തുതന്ത്രമാണ് പറയുന്നതാണ് നിരോധിക്കുന്നത് എന്താണ് കർത്തൃതന്ത്രമാണ് ഞാൻ അഭ്യാസം കൊണ്ട് എനിക്ക് നിരോധിക്കണമെന്ന് പറഞ്ഞാൽ ജാഗ്രത നിരോധിക്കാം എന്തുകൊണ്ട് ജാഗ്രത ഒരു വൃത്തിയാണെങ്കിലും നിരോധിച്ചു ജാഗ്രതയില്ലാതെ നമ്മൾ പറയുന്നു എന്താ ആ യോഗി ആയിരം കൊല്ലമായി സമാധിയിലാണ് എന്ന് പറഞ്ഞാൽ എന്താ ജാഗ്രതല്ല അത് അസാധ്യമെന്നുണ്ടെന്ന് പറയുന്നത് അതൊക്കെ അഭ്യാസം കൊണ്ടതണം കർത്തൃതന്ത്രം വസ്തുതന്ത്രം അങ്ങനെയല്ല പരമാർത്ഥമെന്തോ അങ്ങനെ ബോധിക്കുക ആ ബോധത്തിന് തടസ്സമായി നിൽക്കുന്നതോ അതില്ലാതാകുന്നു ആ ബോധത്തിന് തടസ്സമായിരിക്കുന്ന എന്താണ് അജ്ഞാനമാണ് അതില്ലാതാകുന്നത് അതുകൊണ്ട് ഇവിടെ രണ്ടായി ഭാഷകാരം വിഭജിച്ചു ആ തത്വത്തെ ബോധിപ്പിക്കുന്നതിന് എന്താണൊന്ന് ഗ്രഹണം മറ്റൊന്ന് ആഗ്രഹം അപ്പോൾ തത്വജ്ഞാനത്തിന് ശേഷം പിന്നീട് എന്താണ് ഗ്രഹണമാണോ അഗ്രഹണമാണോ അങ്ങനെ സംശയം പറഞ്ഞ സുഷുയിൽ ഗ്രഹണമില്ലല്ലോ അഗ്രഹണമാണല്ലോ ജാഗ്രത്തിൽ ഗ്രഹണമാണല്ലോ ഇവിടെ പറയുന്നു സുഷുതി പരമാർത്ഥമാണ് ആത്മാവിന്റെ സ്വഭാവമാണ് അപ്പോൾ പരമാർത്ഥത്തിൽ ഗ്രഹണം പാടില്ലല്ലോ അപ്പോൾ തത്വജ്ഞാനിക്കും ഗ്രഹണം പാടില്ല തത്വജ്ഞാനി എപ്പോഴും ഉറക്കത്തിലായിരിക്കുന്നു കാരണം അതാണല്ലോ പരമാർത്ഥം അങ്ങനെ ആയിക്കൂടെ അങ്ങനെ സംശയിക്കുന്നു തത്വജ്ഞാനം എന്ന് പറയുമ്പോ സുഷുതിയെക്കുറിച്ച് പറയുന്നുണ്ട് തന്തിനെക്കുറിച്ചാണ് പറയുന്നത് ആത്മാവിനെ കുറിച്ചാണ് പറയുന്നത് ജ്ഞാനത്തെക്കുറിച്ചല്ല പറയുന്നു പറയുമ്പോഴോ ജീവന്റെ ജ്ഞാനത്തെക്കുറിച്ചാണ് പറയുന്നത് ജീവൻ അങ്ങനെ ഒരു ജ്ഞാനം ഉണ്ടാകുന്നു ആ ജ്ഞാനം കൊണ്ട് സുഷുപ്തി ജാഗ്രത സ്വപ്നം ഇതിന്റെ എല്ലാം പരമാർത്ഥത്തെ ബോധിക്കുന്നു പരമാർത്ഥത്തെ ബോധിക്കുന്ന ജ്ഞാനമാണ് ആ ജ്ഞാനത്തിന് ഉള്ള കഴിവെന്താണ് വിശേഷത എന്താണ് അതിന് അജ്ഞാനത്തെ നശിപ്പിക്കുന്ന കഴിവേ ഉള്ളൂ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു വെളിച്ചത്തിന് ഇരുന്ന് നശിപ്പിക്കാനേ വെളിച്ചത്തിൽ നമ്മൾ കാണുന്ന വസ്തുക്കളുടെ സ്വഭാവത്തെ മാറ്റിമറിക്കാനൊന്നും അതിന് കഴിയില്ല അതുപോലെ ജാഗ്രത് സ്വപ്ന സൃഷ്ടി ഇങ്ങനെയുള്ള അവസ്ഥകളെ മാറ്റി മാറിക്കുക തകടം മാറിക്കുകയല്ല ജ്ഞാനത്തിന്റെ ജോലി അതുകൊണ്ട് തത്വജ്ഞാനിയിൽ വരുന്നു ജാഗ്രത സ്വപ്ന സൃഷ്ടികൾ അനുവർത്തിക്കുന്നു പക്ഷേ അജ്ഞന്റേതുപോലെ അജ്ഞനത് അന്ധമായിട്ട് അനുവർത്തിക്കുന്നു അന്ധമായുള്ള അനുവർത്തനം എന്ന് വെച്ചാൽ അജ്ഞാനത്തിന്റെ ബലത്തിൽ അനുവർത്തിക്കുന്നു അധ്യാസത്തിന്റെ ബലത്തിൽ അനുവർത്തിക്കുന്നു ഈ ശരീരാദികളോട് താതാത്മ്യപ്പെട്ട് പ്രപഞ്ചത്തോട് താതാന്മ്യപ്പെട്ട് അഹന്ത മമത ഇവയോടുകൂടി അനുവർത്തിക്കുന്നു അജ്ഞന് ജ്ഞാനിയിലാണെങ്കിലോ കേവലം പ്രതീതി മാത്രം ഇതിൽ സത്യത്വബോധമില്ലാതെ അനുവർത്തിക്കുന്നു അങ്ങനെ രണ്ടുപേരും നമ്മുടെ ഭാഗമാണ് ജ്ഞാനം ഈ അവസ്ഥകളെ മാറ്റിമറിക്കൾക്ക് ഞാനും മാറ്റം ഉണ്ടാക്കുന്നു എങ്ങനെ ഇതിലുള്ള സത്യത്വ ബോധത്തെ നിരാകരിച്ചു കൊണ്ട് ഇല്ലാതാക്കിക്കൊണ്ട് അതാണ് ജീവൻമുക്തൻ എന്ന് പറയുന്നത് പിന്നെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു ഒരു ജീവൻ അജ്ഞനായിരിക്കുന്നു ശ്രുതിയുടെ ഉപദേശം കൊണ്ടാണ് ഗുരുവിന്റെ ഉപദേശം അയാൾ ജ്ഞാനിയായി ജ്ഞാനിയായതിനു ശേഷവും അയാൾ മുക്തനായി സ്ഥിതി ചെയ്യുന്നു അങ്ങനെയാണ് മുക്തൻ ഉപദേശിക്കുന്നത് അപ്പോൾ മുക്തൻ ശരീരത്തോടുകൂടി ഇരിക്കുന്നതായി നമുക്ക് അനുഭവം വരുന്നു മുക്തനെ ഗുരുവായി സ്വീകരിക്കുന്നു ഉപദേശം ശ്രമിക്കുന്നു ഇതെല്ലാം വ്യവഹാരം ഈ വ്യവഹാരം എന്തിനെ ആശ്രയിച്ചു നിൽക്കുന്നു നിലനിൽക്കുന്നു അജ്ഞന്റേതായാലും ശരി ജ്ഞാനിയുടേതായാലും ശരി ജ്ഞാനം കൊണ്ടെന്തുകൊണ്ട് ഈ വസ്തു സ്വഭാവത്തിന് മാറ്റം വരുന്നില്ല അഗ്നി അഗ്നി അല്ലാതാകുന്നില്ല ജലം ജലം അല്ലാതാകുന്നില്ല ഇതൊക്കെ എന്തുകൊണ്ട് സംഭവിക്കുന്നു ജ്ഞാനിയും ജ്ഞാനവും ഇതുമായിട്ടൊക്കെയുള്ള ബന്ധമെന്താണ് ജ്ഞാനി ജ്ഞാനം ഇതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല ഇതിന് ഒരു സമാധാനം പറയുന്ന എന്താണ് ഇതെല്ലാം ഇങ്ങനെ തുടർന്നത് ഇത് അനിർവചനീയമായ ആ വിദ്യയുടെ കാര്യങ്ങൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേക്കുന്നു അനുവചനീയമായ ഈ അവിദ്യ ഇതിന് ഇതിനൊക്കെയുള്ള സാമർഥ്യമുണ്ടോ ഇതിനൊക്കെ ഇങ്ങനെ നിലനിർത്താം അതിന് സാമർഥ്യമില്ല അതിനുവേണ്ടി ഈശ്വരനെ സ്വീകരിക്കുന്നു ബുധനെ നിലനിർത്തുന്ന ആരാണോ അതാണ് ഈശ്വരൻ ഈശ്വരീയമായ ശക്തി ഇതിനെ നിലനിർത്തുന്നു പ്രപഞ്ചസ്വഭാവം ഈശ്വരാധീനം എന്ന് പറയുന്നു ഭീഷാസ്മാവതേ അവനെ ഭയന്നിട്ട് നമ്മൾ ഇന്ന് പഠിച്ചാണ് വായുവീശുന്നു എന്തായാലും തന്നെ ഭയന്നിട്ടില്ല കാരണം വായുവീശുന്നതും അഗ്നി ജനിക്കുന്നതും തന്റെ നിയന്ത്രണാധീനമല്ല ജാഗ്രത സ്വപ്നവും സുഹൃത്തയും മാറി മാറി വരുന്നത് എന്റെ നിയന്ത്രണത്തിലല്ല അത് സംഭവിക്കുന്നില്ല അതിന് പൂർണ്ണമായും നിയന്ത്രിക്കാൻ തനിക്ക് സാധ്യമുണ്ടോ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ ആത്യന്തികമായി പരാജയം ഒരിടത്ത് വിജയിച്ചാൽ ഒരിടത്ത് പരാജയപ്പെടും അപ്പോൾ ഇതിന്റെ നിയന്ത്രണത്തിന് ശേഷിയുള്ള ഒന്നുണ്ടതാണ് ഈശ്വരൻ തത്വത്തിൽ ആ ഈശ്വരനോട് താൻ ഭിന്നനല്ല തത്വത്തിൽ രണ്ടിൻ്റെയും തത്വം ഒന്നും എന്നിരിക്കലും താൻ അജ്ഞനായിരിക്കുമ്പോൾ ഈശ്വരൻ സർവ്വൈശ്വര്യുക്തനായി പൂർണനായി സ്ത്രീ അപ്പൊ ഈശ്വരന്റെ ശക്തിവിശേഷങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചം നടക്കുന്നു സൃഷ്ടിച്ച് സംഹാരങ്ങൾ അങ്ങനെ നടക്കുന്നു അത് മറ്റൊരു സമാധാനമാണ് അങ്ങനെ ഒന്നിനെ സ്വീകരിച്ചേ മതിയാവും കാരണം ജീവന്റെ ഈ പരാധീനത്വത്തിന് വേറൊരു സമാധാനമില്ല സർവജ്ഞനും സർവശക്തനുമായ ഒരു ഈശ്വരനെ സ്വീകരിച്ചേപ്പെട്ടു നിഗ്രഹാനുഗ്രഹ ശക്തിയുള്ള ഒന്നിനെ സ്വീകരിച്ചേപ്പെട്ടു അദ്വൈതത്തിനും അതിനീകരിക്കുന്നുണ്ട് അങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ ഇതിന് സമാധാനമില്ല അല്ലാതെ അതിന് സമാധാനമുണ്ട് ഒറ്റ വാക്കിന് മായ പക്ഷെ അത് പൂർണ്ണമായും സമാധാനം കൊടുക്കുന്നതുകൊണ്ടല്ലോ യുക്തി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് യുക്തി പ്രവർത്തിക്കണമെങ്കിൽ സർവജ്ഞനായ ഒരു അവിടെ അംഗീകരിച്ചും മതിയാവും ഈശ്വരന്റെ നിഗ്രഹാനുഗ്രഹങ്ങളെയൊക്കെ സ്വീകരിച്ചേ മതിയാവും അപ്പോൾ അവിടെ ഈശ്വര ഉപാസനയും മറ്റും ആവശ്യമായി വരുന്നു എന്തുകൊണ്ട് ജീവന്റെ ഗതി ഈശ്വരന്റെ നിഗ്രഹാനുഗ്രഹങ്ങൾക്ക് വിധേയമായിട്ടാണെങ്കിൽ ജീവന്റെ എല്ലാ മാറ്റങ്ങൾക്കും ഈശ്വരന് സ്വാധീനം ചെലുത്താൻ കഴിയുമെങ്കിൽ ഈശ്വരനെ ആരാധിച്ച മതിയാവും അതുകൊണ്ട് ഈശ്വര ആരാധനയും സമ്മതമായിരിക്കും അദ്വൈതം അതിനൊന്നും ഇതിരല്ല ഈശ്വരാരാധന സുശക്തി അത് ആത്മാവാണെന്ന് പറയുമ്പോ അത് തത്ത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അല്ലാതെ ഈശ്വരനെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നിനെയും നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല ഈശ്വരനും ജീവനും പരമാർത്ഥത്തിലൊന്നെന്ന് പറയുമ്പോ അത് ഈശ്വരന്റെ സർവഞ്ചത്വം തുടങ്ങിയവയെ നിഷേധിക്കാൻ വേണ്ടിയിട്ടല്ല ഒന്നിനെയും നിഷേധിക്കുന്നില്ല പറഞ്ഞല്ലോ തത്വജ്ഞാനത്തിനൊന്നിനെ നിഷേധിക്കാൻ കഴിയില്ല അജ്ഞാനത്തേതൊന്നും നിഷേധിക്കും മറ്റൊന്നിനെ അതിന് നിഷേധിക്കാൻ കഴിയില്ല അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ തത്വജ്ഞാനം കൊണ്ട് നമുക്ക് അഗ്നിയുടെ ചൂടിനെ തണുപ്പാക്കാൻ കഴിഞ്ഞില്ല അത് കഴിയുന്നില്ല പറയുന്നില്ലേ അത് ജ്ഞാനിയായിട്ട് എന്താ വിശേഷം തൻ്റെ കൊണ്ടപ്പോ അറിയുന്നു ജ്ഞാനം കൊണ്ട് വസ്തു സ്വഭാവത്തെ മാറ്റാൻ കഴിയില്ല ജ്ഞാനം അജ്ഞാനത്തെ നശിപ്പിക്കുന്നു ജ്ഞാനം ജീവനെ മുക്തനാകുന്നു അതാണ് ജ്ഞാനത്തിന്റെ പ്രവൃത്തി പ്രപഞ്ചം അതിന്റെ വഴിക്ക് സഞ്ചരിക്കും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നതിന് ഈശ്വരനോ ഇനി ദേവന്മാരോ ദേവതകളോ സിദ്ധന്മാരോ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ അതിന്റെ വഴിക്ക് സഞ്ചരിക്കും അതിനെയൊന്നും ഞാനും കൊണ്ട് നിഷേധിക്കാൻ സാധ്യമല്ല ഇവിടെ ജീവനു പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു അവിടെ പറയുന്ന എന്താണ് ആ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരനിൽ ഏതൊരു തത്വമാണോ ആ തത്വം തന്നെയാണ് നീ അത് ബോധിപ്പിക്കുന്നു അല്ല നീ ഈശ്വരൻ എന്നല്ല ബോധിപ്പിക്കുന്നു അത് അദ്വീതം അങ്ങനെ ബോധിപ്പിക്കുന്നു നീ ദേവനാണെന്നോ ദേവിയാണെന്നോ ഒന്നും ബോധിപ്പിക്കുന്നില്ല ഈശ്വരൻ ഈശ്വരൻ തന്നെയാണ് ദേവൻ ദേവൻ തന്നെയാണ് ദേവി ദേവി തന്നെയാണ് അല്ലാതായി തന്നെ ഇരിക്കും അത് തമാശയുള്ള കാര്യമാണ് ഒരാൾ പറയുന്നു അദ്വീതിയായിട്ട് പറയുന്നു ഞാൻ ഈശ്വരനാണ് അതുകൊണ്ട് എന്നെ പൂജിക്കണം ഞാനീ പറയത്തില്ല അച്ഛനായ ഒരുവൻ അങ്ങനെ ഭ്രമിച്ചിട്ട് പറയു സത്വജ്ഞനത് പറയത്തില്ല അച്ഛൻ പറയും ഞാൻ അങ്ങനെ ഭാവിക്കും എന്നാ എന്തുകൊണ്ട് ഞാൻ ഈശ്വരനും ഒന്ന് തന്നെ അദ്വൈതത്തിൻ്റെ അത് മാത്രുന്നത് അദ്വൈതം പറയുന്നത് നീയും നായും ഒന്ന് എന്നാണ് അല്ലേ ഈശ്വരൻ നീ ഒന്നെന്ന് മാത്രല്ല നീ നായും ഒന്ന് തന്നെ എന്നാ പറയുന്നു അതുകൊണ്ട് ഞാൻ നായായി തൽക്കാലം എന്നെ കല്ലെറിയുക എന്നാരെങ്കിലും പറയൂ അത് പറയത്തില്ല അദ്വൈതത്തിൽ അതും കൂടെ ചേർന്നാണല്ലോ അദ്വൈതം അത് പറയത്തില്ല അദ്വൈതമാണെങ്കിൽ അതുമാണ് ഈശ്വരനാണെങ്കിൽ നീ നായുമാണ് ഈശ്വരനിലിരിക്കുന്ന തത്വം തന്നെയാണ് നിന്നിലിരിക്കുന്നത് നിന്നിലിരിക്കുന്ന തത്വം തന്നെയാണ് സർവത്ര ഇരിക്കുന്നു അപ്പോൾ ഒന്നിന്റെ പേരിൽ പൂജിക്കണം മറ്റതിന്റെ പേരിൽ നിന്ദിക്കാൻ പാടില്ല അതെല്ലാം തത്വം ഞാൻ ഈശ്വരൻ ഈശ്വരൻ തന്നെ തന്നെ വ്യാവഹാരിക ഭേദങ്ങൾ അങ്ങനെ തന്നെ തത്വത്തിൽ ആണ് ഏകത്വം വ്യവഹാരത്തിലല്ല തത്വജ്ഞൻ പൂജ്യനല്ല എന്നല്ല അതിനർത്ഥം തത്വജ്ഞൻ പൂജ്യത ഒരു അവകാശവാദമായി സ്വീകരിക്കില്ലെന്നാണ് പറയുന്നു തത്വജ്ഞൻ പൂജ്യം തന്നെയാണ് അത് മറ്റൊരു വിഷയം അല്ല തത്വജ്ഞാനം അങ്ങനെയാണെന്ന് അങ്ങനെയുള്ളൊരു ഭ്രമമല്ല എന്നാണ് ഞാൻ പറയുന്നത് തത്വവിജ്ഞാനത്തിൽ അങ്ങനെയുള്ള ഭ്രമങ്ങളൊന്നും സ്വാമിമാരുടെ ഭ്രമങ്ങളൊന്നും തത്വജ്ഞാനത്തില്ല എന്ന് ഞാൻ പറയുന്നു പൂജ്യ പൂജ്യ ചിന്ത അതൊന്നും തത്വജ്ഞാനത്തിൽ വരുന്നില്ല അടുത്ത് ചർച്ച ചെയ്യുന്ന ആ വിഷയമാണ് അതുകൊണ്ടാണ് ഞാൻ രാമുഖമായി ഇതെല്ലാം പറയുന്നത് ജീവ ഈശ്വരഭേദം അഭേദം അതാണ് അത് തെറ്റിദ്ധരിക്കുന്നതാണ് ഈ പറഞ്ഞതുപോലെ സുഷുതിയുടെ കാര്യം പറഞ്ഞതുപോലെ അതുകൊണ്ട് ജാഗ്രത സ്വപ്നങ്ങളിൽ ഈ ഗ്രഹണം ഇത് വിശേഷമായിട്ടുണ്ട് സുഷപ്തിയിൽ അത് ഇല്ല സുഷുതിയിൽ നൃവികൽപനായോ പൂർണനായ ആത്മാവായി സ്ഥിതി ചെയ്യുന്നു ഇതേ ജീവൻ തന്നെ ജാഗ്രതത്തിൽ വീണ്ടും വരുന്നു എന്നിട്ടും അവൻ മുക്തനാകുന്നില്ല കാരണം അവന് തത്വജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് തത്വജ്ഞാനം കൊണ്ടേ മുക്തിയാകും തത്വജ്ഞാനം എന്താണോ ഈ ആത്മാവിൻ്റെ സ്വസ്വരൂപത്തിൻ്റെ വാസ്തവികതയെ ബോധിക്കുന്നതാണ് പരമാർത്ഥത്തെ ബോധിക്കുന്നതാണ് ആ പരമാർത്ഥത്തെ ബോധിപ്പിക്കുമ്പോൾ അതിന്റെ ഭാഗമായി ഈ ഗ്രഹണം വിശേഷം എന്ന് പറഞ്ഞിരിക്കുന്ന ജാഗ്ര സ്വപ്നങ്ങളുടെ അവസ്ഥത അതും ബോധിക്കും രണ്ടു ഒരുമിച്ചേ ബോധിക്കും സ്വരൂപം പരമാർത്ഥമാണെന്ന് ബോധിക്കുമ്പോൾ ഈ ശരീരാദി പ്രപഞ്ചങ്ങൾ അവസ്ഥവാണ് കാരണം അതിനുള്ള താതത്മ്യം വിട്ടു അവരുടെ അസ്തിത്വ ബോധം വിട്ടു അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കും അത് തത്വജ്ഞാനം കൊണ്ടേ കഴിയും ഉറക്കം കൊണ്ട് അതുകൊണ്ട് സുഷുതിയിൽ പൂർണ്ണനായ ആത്മാവാണ് എന്ന് പറഞ്ഞതുകൊണ്ട് ജാഗ്രത സ്വപ്നങ്ങളെ വിട്ടിട്ട് ഇനി കൂടുതൽ സമയം സുഷൃത്തിൽ തന്നെ കഴിയാം അപ്പം ഞാൻ മുക്തനാകുമല്ലോ എന്നല്ല പറയുന്നതിന്റെ താല്പര്യം കാരണം സുഷൃത്തിയിൽ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ മുക്തരെ തന്നെയാണ് അതിന് സുഷൃത്തി പോകേണ്ട കാര്യമില്ല അതിനുവേണ്ടി കഷ്ടപ്പെട്ട് ഉറങ്ങേണ്ട കാര്യമില്ല ജാഗ്രത്തിന് മുക്തൻ തന്നെയാണ് അപ്പോൾ സുഷുത്തിയിൽ പോയി കൂടുതൽ സമയം ഉറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് വിശേഷതയൊന്നുമില്ല എന്തുകൊണ്ട് ഉറങ്ങാതെ തന്നെ താൻ മുക്തനാണല്ലോ അങ്ങനെ ഉറങ്ങേണ്ട ആവശ്യമില്ല ഇവിടെ ആ തത്വത്തെ ബോധിപ്പിക്കുകയാണ് ദൃഷ്ടാന്തത്തിലൂടെ അപ്പോൾ ഉറങ്ങാതെ ഞാൻ സമ്പാദിച്ചാലേ മുക്തനാകാൻ കഴിയും പരമാർത്ഥത്തിൽ അതാണെങ്കിലും താനിപ്പോൾ ഭ്രമത്തിന് അടിമപ്പെട്ടിരിക്കുന്നു ആ ഭ്രമം മാറണമെങ്കിൽ അവിടെ ജ്ഞാനം കൂടിയെത്തിയിരുന്നു ആ ജ്ഞാനത്തിനാണ് ഗുരുവിനെ സമീപിക്കുന്നത് ശാസ്ത്രത്തെ സമീപിക്കുന്നത് അതല്ല ഗുരുവിനെ സമീപിച്ചു പക്ഷേ ജ്ഞാനം ഉണ്ടാകുന്നില്ല എന്നാണെങ്കിലോ അതിനുള്ള യോഗ്യത ഇല്ല അയോഗ്യതയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്നു അയോഗ്യതയ്ക്ക് വേണ്ടിയുള്ള പരിശ്രമത്തിൽ എല്ലാ സാധനങ്ങളും അന്തർഭവിക്കും അയോഗ്യതയ്ക്ക് വേണ്ടി ജപവും തപവും എന്തുമാകാം കർമ്മവും സേവയും എല്ലാമാകാം ഗുരു ഉപാസനയും ഈശ്വര ഉപാസനയും ദേവത ഉപാസനയും എല്ലാം എല്ലാം ആത്യന്തികമായി പലതരത്തിലും ആ യോഗ്യതയെ പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പൊ അദ്വിധത്തിൽ അതിനൊന്നിനും ഇനി ശീലിക്കുന്നില്ല സർവത്തിനും ഇവിടെ പ്രസക്തിയുണ്ട് പക്ഷെ ഏതും ഈ തത്വബോധത്തോടുകൂടി വേണം എന്നുള്ളതാണ് എന്തിനു വേണ്ടി ഇതല്ല പരമാർത്ഥം ഇതാണോ ഭാഷകാരൻ അടുത്ത് പറയും എല്ലാ ദർശനങ്ങളും എല്ലാ ശാസ്ത്രങ്ങളും ഒരു തരത്തിലല്ല വേറെ തരത്തിൽ അദ്വൈതത്തെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് ചില ഭാഗങ്ങളെ നിഷേധിക്കുന്നു എന്നേയുള്ളൂ ഈ സംസാരത്തിൽ നിന്നും അതീതനായ ഒരു ഈശ്വരനെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അദ്വൈതത്തെ സ്വീകരിച്ചു തന്നെയാണ് നിലയാണ് അദ്വൈതം പിന്നെ അതിനെ അദ്വൈതമാക്കാൻ വേണ്ടി അതിൽ ചില കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്നു ഭാഗികമായി അംശികമായി അവിടെ അദ്വൈതത്തെ അംഗീകരിച്ചു കഴിഞ്ഞു ഏത് സാധനയ്ക്കും ഈശ്വരബോധം കൂടിയേ തീരും ഈശ്വരബോധമില്ലെങ്കിൽ പിന്നെ ബന്ധം മോക്ഷം ഈശ്വരൻ ഈ സങ്കല്പങ്ങൾ കൂടാതെ ഒരു സാധനയില്ല അതുകൊണ്ട് ഈശ്വരബോധം അത് ഭാഗികമായി കൊള്ളട്ടെ ആ ബോധത്തോടുകൂടി ആണ് സർവ്വ സാധനങ്ങളും അനുഷ്ഠിക്കുന്നത് അദ്വൈത ബോധം അവിടെ പൂർണ്ണമായിരിക്കില്ല അദ്വൈതബോധം എന്തായാലും അങ്ങനെ പൂർണ്ണമാകുന്നു എന്നല്ലല്ലോ യഥാർത്ഥ ജ്ഞാനം കൊണ്ടേ പൂർണ്ണമാകും ഇപ്പൊ ഉള്ള ജ്ഞാനം അപൂർണമാണ് അപരിപക്വമാണ് അപരിപക്വമാണെങ്കിലും ആ തത്വജ്ഞാനം ഈശ്വരജ്ഞാനം ആ ജ്ഞാനത്തോടുകൂടി സാധനങ്ങൾ അനുഷ്ഠിച്ചാൽ അത് ഫലത്തെ ചെയ്യും അതുകൊണ്ട് സാധനങ്ങൾ നിഷ്പ്രയോജനമില്ല ആ ജ്ഞാനത്തെ പരിപക്വാക്കുക അതിന് വേണ്ടിയിട്ടാണ് എല്ലാ സാധനം ആ ജ്ഞാനത്തിന്റെ പരിപക്വമായ അവസ്ഥയിൽ അജ്ഞാന സംശയങ്ങളെല്ലാം നശിക്കുന്നു ആത്മാവ് നിത്യമുക്തനാണോ എന്നുള്ളത് മാറി താൻ നിത്യമുക്തനാണോ എന്ന് അനുഭവം കരുതുന്നു അതുവരെ മനസ്സിലാക്കിയത് ആത്മാവ് നിത്യമുക്തനെന്നാണ് ക്തനാണ് ജീവൻ മുക്തനാണ് എന്നുള്ള അനുഭവം വരുന്നു അതിന് ഉറങ്ങിയതിന്റെ കാര്യമില്ല സുഷ്ടി അതിന് പരിഹാരമല്ല പക്ഷെ സുഷൃതി പരമാർത്ഥമാണതാണ് അപ്പോൾ ഈ സുഷൃത്തിയെ കുറിച്ച് പറയുമ്പോൾ നാനാതരത്തിലുള്ള സംശയങ്ങൾ വരാതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം നിന്നിടത്ത് നിന്ന് തന്നെ ഇന്ന് അഭ്യാസം കാണിച്ചത് ജാഗ്രസ്വപ്നിയോഗിച്ച ഗ്രഹണം വിശേഷ ആ വിശേഷഗ്രഹണം അതിന്റെ വിശേഷത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ചർച്ച ചെയ്യുന്നു സംശയം ചോദിക്കാൻ ധൈര്യം പോരായെങ്കിലും സംശയം ആൾക്കാരുടെ മനസ്സിലുണ്ട് സംശയം ചോദിച്ചാൽ അപകടം വന്നും പറ്റുമെന്നുള്ള ഭയമുണ്ട് മനസ്സിൽ എന്നാലീ പറയുന്ന കാര്യങ്ങളെയൊക്കെ അങ്ങോട്ട് അംഗീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രയാസങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ ധരിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നും വിരുദ്ധമായ പല കാര്യങ്ങളുമാണ് ഭാഷകാരൻ ഇപ്പോൾ പറയുന്നത് അതുകൊണ്ടാണ് സംശയങ്ങൾ അതുകൊണ്ടത് കൂടുതൽ ഗാഠമായി മനനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് തന്നെ വീണ്ടും വിശദീകരിച്ചത് ഇനി ആവശ്യമാണെന്ന് തോന്നിയാൽ വീണ്ടും അത് വിശദീകരിക്കാം കാരണം ഇതിനെ സംബന്ധിച്ച് സാധനഗതി ധാരാളം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്